സ്മരിച്ച പതിനേഴാമത്തെ മന്ത്രമാണ് അവസാനത്തെ മന്ത്രം വായു ആനിലം അമൃതമേതം സ്ന്തം ശരീരം സ്മര കൃതോസ്മര കൃതം സ്മര അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആദ്യത്തെ പാദം അത് ഭാഷയിൽ നമ്മൾ വായിച്ചു വായു അതായത് പ്രാണൻ ഈ വൃഷ്ടി ശരീര പരിമിതിയെ വിട്ടിട്ട് ആ ഹിരണ്യഗർഭന്റെ ഉപാധിയായിരിക്കുന്ന സമഷ്ടിപ്രാണനിലേക്ക് ഇത് ചേരട്ടെ വായു അനിലം പ്രതിപദ്താ എന്റെ പ്രാണൻ ആ സമഷ്ടിപ്രാണനോട് ചേരട്ടെ ശരീരം ഭസ്മാന്തം ഇത് അഗ്നിയിൽ ദഹിച്ചു പോകട്ടെ ഓം ക്രതോസ്മര അതാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത് ഓം ഇതിയോപാസനം ഓം പ്രതീകാത്മകത്വ സത്യാത്മകം അഗ്നിയാഖ്യം ബ്രഹ്മേന ഉച്ച ഇവിടെ താൻ ഉപാസിക്കുന്ന ആ ബ്രഹ്മത്തെയാണ് ഓം എന്നുള്ള ശബ്ദം കൊണ്ട് ഓം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഓം ഇനി ഓം എന്നുള്ളത് കൊണ്ട് ഇതുപാസന തന്റെ ഉപാസനയ്ക്കനുസരിച്ച് ഉപാസനയ്ക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ അവള് ഹിരണ്യഗർഭ ഉപാസനയാണ് കാര്യബ്രഹ്മ ഉപാസനയാണ് കാര്യബ്രഹ്മത്തെ ഹിരണ്യഗർഭം ഓം എന്നുള്ളതുകൊണ്ട് അതിനെന്തുകൊണ്ട് പറയുന്നു ഓം പ്രതീകാത്മകത്വ ഓം എന്ന് പറയുന്ന പ്രതീകത്തോടു കൂടി ഇതാണ് ആ ബ്രഹ്മത്തിന്റെ പ്രതീകമാണ് ഓം അത് ഭരണബ്രഹ്മമായാലും ശരി കാര്യബ്രഹ്മമായാലും ശരി അവിടെ ഓം എന്ന് പറയുന്ന പ്രതീകം അതാണ് ഉപയോഗിക്കുന്നത് സത്യാത്മകം സത്യസ്വരൂപമാണ് അഗ്നിയാഖ്യം അതിനാണ് അഗ്നി എന്ന് സംബോധന ചെയ്യുന്നു അതിനെ തന്നെ ബ്രഹ്മ ആ ബ്രഹ്മത്തെയാണ് ഇവിടെ ഓം ഇത് അഭേദം എന്ന് വെച്ചത് ഓം എന്നുള്ളത് കൊണ്ട് അഭേദമായി പറഞ്ഞിരിക്കുന്നു അപ്പൊ ഓം എന്ന് പറഞ്ഞാൽ ഓം എന്ന് പറയുന്ന ശബ്ദമല്ല ഓം എന്ന് പറയുന്ന ആ അർത്ഥത്തെയാണ് ബ്രഹ്മത്തെയാണ് അതിനെ സ്മരിക്കുകയാണ് ഓം എന്ന് പറയുമ്പോ ആ ബ്രഹ്മത്തെ സ്മരിച്ചു കാര്യബ്രഹ്മത്തെ സ്മരിച്ചു അതിന്റെ ഉപാസ്യമായ ആ ബ്രഹ്മത്തെ സ്മരിച്ചു എന്നാണ് ക്രതോ ഹേ ക്രതോ സങ്കല്പാത്മക സങ്കല്പസ്വരൂപനെ എന്നുവെച്ചാൽ രണ്ട് സങ്കല്പത്തിലാണ് നിരന്തരം ആ കാര്യ ബ്രഹ്മത്തെ ധ്യാനിച്ച് ഇവിടെ ഉപാസനെ സംബന്ധിച്ചിടത്തോളം അത് സങ്കല്പ ഇപ്പൊ പ്രത്യക്ഷമായി കാണുന്നില്ലല്ലോ അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഈ ബ്രഹ്മത്വത്തിന് സ്മരിച്ചിട്ട് ആ ബ്രഹ്മ ഹിരണിക തന്റെ സങ്കല്പ സ്വരൂപത്തിൽ നിൽക്കുകയാണ് കനതു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ നിരുത്തത്തിൽ സങ്കല്പവും നിർത്തുണ്ട് അതാണത് സങ്കല്പാത്മക എന്ന് വ്യാഖ്യാനിച്ചത് സ്മരിക്കൂ ർത്തവ്യം തസ്യ കാലുവായും സങ്കല്പസ്വരൂപനായിരിക്കുന്ന തന്റെ മനസ്സിനോട് ആവശ്യപ്പെടുകയാണ് മനസ്സിന്റെ പര്യായമായിട്ട് കൃതിശബ്ദം ഉപയോഗിച്ചിരിക്കും അത് ബ്രഹ്മത്തെ അഭിസംബോധന ചെയ്യുന്നായിട്ട് എടുക്കാം സ്മര എന് മമ സ്മർത്തവ്യം ഞാൻ സ്മരിക്കേണ്ട കാര്യങ്ങൾ അത് സ്മരിക്കൂ തസ്യകാലോ ആയ പ്രത്യുപസ്ഥാപിത അതിന്റെ കാലം ഇതാ പ്രത്യുപസ്ഥാപിത വന്നു ചേർന്നിരിക്കുന്നു സ്മര അതുകൊണ്ട് സ്മരിക്കൂ എന്നാണ് ിച്ച് തന്റെ സങ്കല്പസ്വരൂപനാക്കിയിരിക്കുന്ന ആ ബ്രഹ്മത്തെ കാര്യ ബ്രഹ്മത്തെ സ്മരിക്കാൻ സങ്കല്പസ്വരൂപനായിരിക്കുന്ന ആ മനസ്സിനോട് ആവശ്യപ്പെടുകയാണ് ബ്രഹ്മത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞ സങ്കല്പരൂപത്തിലേക്ക് സ്മരിക്കാൻ പറ്റും തനിക്ക് അതിന്റെ പ്രത്യക്ഷ അനുഭവമില്ല മരിച്ചതിനെ നിരന്തരം ഉപാസിച്ച് തന്റെ മനസ്സ് തത് ആകാരത്തെ പ്രാപിച്ചിട്ടുണ്ട് മനസ്സിനോട് ആവശ്യപ്പെടുകയാണ് നീ അതിനെ സ്മരിക്കൂ ഇതിപ്പോ സ്മരിക്കേണ്ട സമയമായി ഏതാകുന്നം കാലം ഭാവിതം കൃതം കൃതോസ്മര കൃതം സ്മര അല്ലയോ മനസ്സെ നീ സ്മരിക്കൂ കൃതം സ്മര ം കാലം ഭാവിതം ഇത്രയും കാലം ഞാൻ ഭാവിതം കൃതം ചെയ്തത് എന്നുവെച്ചാൽ തൻ്റെ ഉപാസനയിലൂടെ താൻ ചെയ്തത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങൾ ഇവിടെ പറയുന്നതിലൂടെ ഞാന കർമ്മസമുദ്ധയെ അനുഷ്ഠിക്കുന്ന കുറിച്ചാണ് പറയുന്നത് ഞാൻ ഇത്രയും കാലം ചെയ്ത കർമ്മങ്ങളെയും ഞാൻ ഇത്രയും കാലം ചെയ്ത ഉപാസനയെയും അഗ്രയെ തുടർന്ന് സ്മരിക്കൂ എന്നാണ് ഇനി സ്മരിക്കൂ എന്നാണ് മരിക്കേണ്ട സമയമായി തൻ്റെ സംസ്കാരം ഭാവനയ്ക്കനുസരിച്ചാണ് ഇനി മുന്നോട്ടുള്ള ഗതി അതുകൊണ്ട് താൻ ചെയ്ത കർമ്മങ്ങളെയും താൻ ചെയ്ത ഉപാസനകളെയും സ്മരിക്കണം എന്ന് മനസ്സിനോട് പറയാണ് മനസ്സാണ് ആ പ്രവൃത്തി എല്ലാം ചെയ്തത് അതുകൊണ്ട് മയാ ബാല്യപ്രകൃതി അനുഷ്ഠിതം ഇതെന്നാണോ മയാ എന്നാൽ ബാല്യപ്രകൃതി അനുഷ്ഠിതം ം മുതലനുഷ്ഠിച്ചത് ബാല്യപ്രകൃതി അനുഷ്ഠിതവും പറഞ്ഞു ബാല്യത്തിൽ അനുഷ്ഠിച്ചതൊക്കെ ഉപാസനയാണ് ആണ് എന്നുള്ളാണ് പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ ഈ ഉപാസകൻ എന്നു പറയുന്നത് വൈദിക ധർമ്മം അനുസരിച്ച് ജീവിച്ച ആളാണ് അതിനനുസരിച്ച് ജനി ജനിച്ചതാണ് അപ്പം ജനനം മുതലേ ഉണ്ട് സംസ്കാരങ്ങൾ ഷോഡശ സംസ്കാരങ്ങൾ ചത്വരംശ സംസ്കാരങ്ങൾ എന്നൊക്കെ പറയുന്ന സംസ്കാരങ്ങൾ അങ്ങനെ ജനനം തന്നെ സംസ്കാരത്തിലൂടെയാണ് ആരംഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഉപനയനം വേദാധ്യയനം അങ്ങനെ തുടർന്ന് വരികയാണ് അപ്പം ബാല്യം മുതലേ അനുഷ്ഠിച്ചതെല്ലാം ഈ ഉപാസനക്ക് ഉതകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ തന്റെ ജീവന്റെ ഊർജ്ജഗതിക്ക് സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ബാല്യപ്രഭൃതി അനുഷ്ഠിതം കുട്ടിക്കാലം മുതലേ അനുഷ്ഠിച്ചതല്ല കർമ്മ ആ കർമ്മങ്ങളെല്ലാം തച്ച സ്മരം അതെല്ലാം സ്മരിക്കുക എന്നാണ് ഇവിടെ അഗ്രയെന്ന് നേരത്തെ പറഞ്ഞു അഗ്ര മുമ്പേ എന്ന് പറയുമ്പം ഈ തൊട്ട് മുമ്പ് പിന്നെ ബാല്യപ്രവൃത്തി കുട്ടിക്കാലം പോലെ അനുഷ്ഠിച്ചത് രണ്ടിനെ എടുക്കാം അങ്ങനെയാണ് ഭാഷ്യകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതാണ് ഇവിടെ തച്ച എന്ന് പറഞ്ഞത് അതും സ്മരിക്കുക ഇപ്പോൾ ഈ അടുത്ത് ഹിരണികർക്ക് ഉപാസന കർമ്മം അത് ഈ മരണസമയത്തിനൊന്നും പോരനുഷ്ഠിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിനെ സ്മരിക്കുക മാത്രമല്ല കുട്ടിക്കാലം മൂല അനുഷ്ഠിച്ചത് എല്ലാം സ്മരിക്കുക എന്നാണ് അതാണ് കൃതം സ്മരം രണ്ടു തവണ പറഞ്ഞിരിക്കുന്നതാണ് ചെയ്ത സമസ്തവും സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രതോസ്മര കൃതം സ്മരുന്നത് മനസ്സേ നീസ്മരിക്കൂ കൃതംസ്മര ചെയ്ത് സർവ്വവും സ്മരിക്കും അപ്പൊ ഇപ്പം ചെയ്തു കഴിഞ്ഞത് ബാല്യം മുതലെ ചെയ്തതും സർവ്വവും സർവപ്രവൃത്തികളെയും ഉപാസനകൾ നീ സ്മരിക്കൂ എന്നാണ് ക്രതോസ്മര കൃതം സ്മര ഇത് പുനർവചനമാദരാർത്ഥം ആദരപൂർവ്വകം ശ്രദ്ധപൂർവകം അതിനോടുള്ള ശ്രദ്ധ സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് വീണ്ടും പറയുന്നത് കർതവസ്മര കൃതസ്മരീ കർമ്മങ്ങൾ ഉപഹാസനങ്ങൾ എല്ലാം അനുഷ്ഠിച്ചത് അത്യന്തം ശ്രദ്ധയോടുകൂടിയാണ് ശ്രദ്ധ എന്ന് പറയുമ്പോൾ വിശ്വാസം സാമാന്യമായി പറഞ്ഞു കർമ്മത്തിലും ഫലത്തിലുമുള്ള വിശ്വാസം ശാസ്ത്രത്തിലുള്ള വിശ്വാസം ഗുരുവിലുള്ള വിശ്വാസം അങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇതെല്ലാം അനുഷ്ഠിച്ചത് അതിനെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും പറയുകയാണ് അതുകൊണ്ട് ഈ കർമ്മങ്ങൾക്ക് താൻ ചെയ്ത ഉപാസനങ്ങൾക്കെല്ലാം ഫലം ഉണ്ടാകും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി സ്മരിക്കുകയാണ് അപ്പം ശാസ്ത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അവസാനം സ്മരിക്കുന്നതിനനുസരിച്ചായിരിക്കും ഫലം അതുകൊണ്ടുള്ള ഉപാസകനും ആ ശ്രദ്ധയെ പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞത് കാരണം മരണ സമയത്ത് സാധാരണഗതിയിൽ മനസ്സെല്ലാം ദുർബലമാകും പ്രാണശക്തി ക്ഷയിക്കുന്നു അപ്പോൾ മനസ്സും ക്ഷയിക്കുന്നു അപ്പോൾ പലർക്കും മുൻപ് അനുഷ്ഠാനങ്ങളും ഉപാസനകളും ഒക്കെ ഉണ്ടെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ അതിലെ ശ്രദ്ധ കുറയാം നഷ്ടപ്പെട്ടു പോകാം മനസ്സിന് ബലമില്ലാത്ത മുമ്പ് നിലനിർത്തി വന്നിരുന്ന ശ്രദ്ധ അങ്ങനെ നിലനിർത്തണമെന്നില്ല പക്ഷേ ഇവിടെ ഉപാസന സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതുകൊണ്ട് അയാൾ ശ്രദ്ധയോടുകൂടി തന്നെ വീണ്ടും പറയുകയാണ് ആ വിശ്വാസത്തോടു കൂടി തന്നെ പറയുകയാണ് ഇതിന് ശാസ്ത്രമല്ലാതെ വേറെ പ്രമാണമില്ല ഈ താൻ ചെയ്ത കർമ്മത്തിനും ഉപാസനയ്ക്കും എല്ലാം മരണശേഷം ഫലമുണ്ടാകുന്നു താൻ ബ്രഹ്മലോകത്ത് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യക്ഷമായി അറിഞ്ഞിട്ട് ആർക്കും നഷ്ടിക്കാൻ വയ്യ കേവലം ശാസ്ത്രത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ശ്രുതിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് ജീവിതകാലം മുഴുവൻ ആ വിശ്വാസം അവസാനം നഷ്ടപ്പെടുന്നില്ല ഇവിടെ പറയുന്നത് ശരിയായിട്ടുള്ളൊരു സാധകന് ഉപാസകൻ മനസ്സ് കൂടുതൽ ദൃഢമായി വരികയാണ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പ്രാർത്ഥനയും ഭജനയും പൂജയുമായിട്ടൊക്കെ നടക്കുന്നവർ പലരും അവസാന സമയം വരുമ്പോൾ ശരീരം വീഴാറായി വരുന്ന സമയം വരുമ്പോൾ ഇതെല്ലാം വിട്ടുപോകുന്നതായിട്ട് അങ്ങനെയും പലരെയും കാണാറുണ്ട് അവര് മനസ്സ് അസ്വസ്ഥമാകുകയും മനസ്സിന് ബലമില്ലാതെ വരികയും ഇതിനൊന്നും മനസ്സുറപ്പിക്കാൻ കഴിയാതെ പക്ഷേ ഇവിടെ ഉപാസനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അയാൾ അത്യന്ത ശ്രദ്ധയോടുകൂടിയാണ് അതിൻ്റെ ഒരു പ്രധാനമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും അനുഷ്ഠിക്കുന്ന സമയത്തും ആ വ്യക്തി പൂർണ്ണമായ ശ്രദ്ധ വിശ്വാസം കാണത്തില്ല സംശയദൃഷ്ടിയോടുകൂടിയായിരിക്കും അനുഷ്ഠിക്കുന്ന എന്തെങ്കിലും പ്രാരബ്ധവശാൽ പൂർവ്വ സംസ്കാരം കൊണ്ട് അയാൾക്കിതിൽ ശ്രദ്ധ വരുത്തില്ല അനുഷ്ഠിക്കും അത് ഭാഗികമായ വിശ്വാസവും സംശയവും ഇതിനൊക്കെ ഫലം ഉണ്ടാകുന്നുയില്ല എന്നുള്ളത് അങ്ങനെ വരുന്നവർക്ക് അവസാന സമയത്ത് മനസ്സുറയ്ക്കത്തില്ല ഇവിടെ അങ്ങനെയല്ല ശ്രദ്ധയോടുകൂടിയാണത് തുടങ്ങിയത് അതുകൊണ്ട് അവസാന സമയത്ത് ആ ശ്രദ്ധ നിലനിൽക്കുന്ന ആളുകൾ പുനർവൽ ആദരാർത്ഥം അത് പറഞ്ഞിരിക്കുന്നത് വീണ്ടും പറയണം കൃതം അഗ്രുമ്പ് ചെയ്തത് എന്നുള്ളതാണ് അതിനുപേരും പാഠഭേദമുണ്ട് അത് അഗ്രേ എന്നും അഗ്നി എന്നും ഉണ്ട് രണ്ടുതരത്തിലുണ്ട് ഈ ബസ്വത്തിൽ അഗ്രയെന്നാണ് ചെറിയ അഗ്രയെന്നു ചെറിയ അഗ്നി എന്നും ഉണ്ട് രണ്ടു തരത്തിലുണ്ട് പാടും അങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്മരിക്കൂ നേരത്തെ പറഞ്ഞുണ്ടോ തന്റെ ഉപാസ്യദേവൻ അതിന് ഇവിടെ തുടങ്ങുന്ന ഭാഗത്ത് പറഞ്ഞു അഗ്നിയാഖ്യം സത്യാത്മകം അഗ്നിയാഖ്യം അഗ്നി എന്ന് പേരുള്ളത് ഹിരണഗർഭൻ അഗ്നി നയസുപഥാരായി എന്ന് പറയുന്നത് അതിന് ഇവിടെ ഇതിലൊരു പാഠം അഗ്രയെന്നാണ് രണ്ടു തരത്തിലു കൊണ്ട് പാഠം ൃതം അഗ്രേ സ്മരെന്നാണെങ്കിൽ അത് സംബോധന ചെയ്ത് പറയുക ചെയ്തതല്ല അതനുസരിച്ചിവിടെ ഭാഷ ബാല്യപ്രതിവിധി അനുഷ്ഠിതം കർമ്മകച്ച രണ്ടു തരത്തിലൂടെ രണ്ടാവിനൂടെ അർത്ഥം ഒന്ന് തന്നെ ഇവിടെ വ്യാഖ്യാനത്തിലും അഗ്രേ എന്ന അനുസരിച്ചാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് പുനരന്യന മന്ത്രേണ മാർഗം യാചത്തെ തൻ്റെ തന്നെ മനസ്സിനോട് പറയുന്നതെല്ലാം സ്മരണയ്ക്കനുസരിച്ചാണ് എനിക്ക് പോകേണ്ടത് പറഞ്ഞിട്ട് അന്യന മന്ത്രയാണ് വേറൊരു മന്ത്രത്തിലൂടെ വീണ്ടും മാർഗയാചന നടത്തുകയാണ് നടത്തുന്നത് അതിന്റെ അർത്ഥം പറയാം വായു പ്രാണൻ അനിലം സൂത്രാത്മാവിനെ അമൃതം ായിരിക്കുന്ന സൂത്രാത്മാവിനെന്തം സത്യമായ ബ്രഹ്മമേ കൃതോ സങ്കൽപ്പാത്മക ചെയ്തതെല്ലാം സ്മരിക്കുക സങ്കല്പാത്മക ചെയ്തതെല്ലാം സ്മരിക്കുക അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു സങ്കല്പസ്വരൂപനായ മനസ്സ് എന്നർത്ഥം പറഞ്ഞു അല്ലെങ്കിൽ സങ്കൽപ്പരൂപത്തിൽ നിൽക്കുന്ന ബ്രഹ്മമേ രണ്ടു തരത്തിലുള്ള പതിനെട്ടാമത്തെ അവസാനത്തു പതിനെട്ടാണ് അഗ്നി നയ राई देव अस्मा विश्वास वायुनाध्यस्मदिहुराण मेनो भूयिष्ठां ते नम उत्तिम विधेम सुपथ राय अस्मा विश्वा देवा വയുനീ വിദ്വാൻ യുയോധി അസ്മത് ജുഹുരാണംേനോ എന്നുള്ളത് യേനസ് എന്ന് പറയുന്ന ശബ്ദമാണ് പാപം എന്ന ഭൂയിഷ്ഠാൻ തേ അനിധാരാ അസ്മാൻവിശ്വാനി ദ വയു വിദ്വാൻ യോധ്യസ്മജുഹുരാണമേനോ ഭൂയക്ഷാ ഉം വിധേമ അല്ലയോ അഗ്നി ഇവിടെ പ്രാർത്ഥിക്കുകയാണ് നേരത്തെ പറഞ്ഞു അഗ്നി എന്ന് പറയുന്നത് ആ തന്റെ ഉപാസ്യ ദേവന്റെ പര്യായ പദമാണ് താൻ ഇതുവരെ കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അഗ്നി അതാണ് അഗ്നി ഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാനും ഉപയോഗിച്ചിരുന്ന അഗ്നി ആ അഗ്നിയിൽ നിന്ന് തീ കൊളുത്തിയാണ് അന്ത്യഷ്ടക്ക് തീ കൊളുത്തുന്നു അതാണ് അതുകൊണ്ട് ആ അഗ്നിയാണ് ശരീരത്തെ ഭസ്മമാക്കുന്നതും അതുകൊണ്ട് ഈ ജീവനെ ഇവിടെ നിന്ന് വേർപെടുത്തുന്നതിൽ പങ്കുണ്ട് അതുകൊണ്ട് അഗ്നി എടുക്ക അഗ്നിയെ സംബോധന ചെയ്യണം അല്ലയ്യോ അഗ്നി അഗ്നിയും പറയുന്നുണ്ട് വേദത്തിൽ ഞാൻ അതുവരെ ഉപാസിച്ച അഗ്നി ആ അഗ്നി കൊണ്ടാണ് തൻ്റെ ശരീരത്തെ ദഹിപ്പിക്കുന്നത് അന്ത്യേഷ്ഠി കർമ്മത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു അപ്പം ആ അഗ്നിയിൽ ദഹിക്കുമ്പോൾ ആ അഗ്നിയുടെ ജ്വാലീവനുകളിലേക്ക് പോകാൻ സഹായിക്കുന്നു എന്നും മറ്റും വേദത്തിൽ വർണ്ണിക്കുന്നുണ്ട് കാരണം ജീവൻ ഈ ശരീരം വിട്ടിട്ടും ഈ ശരീരത്തോടുള്ള മമത കൊണ്ട് ഈ ശരീരത്തിനടുത്തിരുന്ന് കഴിഞ്ഞാൽ ആ ശരീരത്തെ അഗ്നിയിൽ ദഹിപ്പിക്കുന്നതാണ്പോൾ പിന്നെ ആ ജീവൻ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഇനി ഇവിടെ നിന്നിട്ട് കാര്യം ശരീരം പോയി അപ്പോൾ ഈ ശരീരത്തെ വിട്ട് ആ ജീവൻ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ അതിന് പ്രേരിപ്പിക്കുന്ന അഗ്നിയാണ് അപ്പോൾ അഗ്നിയുടെ ജ്വാലകൾ മുകളിലേക്ക് ഇങ്ങനെ ജ്വലിക്കുന്നത് ആ ജീവൻ എവിടെ നിന്ന് മുകളിലേക്ക് തള്ളിവിടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട് വേഗത്തിൽ വെച്ചുകൊണ്ട് പറയണ അലയോ അഗ്നി നയാ ഗമയ സുപഥ ശോഭനേന മാർഗേണ അലയോ അഗ്നി നയിക്കൂ എന്നെ നയിക്കൂ എന്നാണ് നയാഗമയ എങ്ങനെ സുപഥ ശോഭനേന മാർഗേണ ശോഭനമായ മാർഗത്തിലൂടെ ശോഭനമായ മാർഗം എന്ന് പറയുന്നത് അത് ഭാഷകാലം പറയുന്നു സുപഥേതി വിശേഷണം ദക്ഷിണ മാർഗ നിവൃത്തിയർത്ഥം സുപഥ സുപഥ എന്ന് പറഞ്ഞു സു എന്നൊരു വിശേഷണം കൊടുത്തു നല്ല മാർഗം ഉണ്ടാണ് നല്ല മാർഗം എന്ന് എന്തിനു പറഞ്ഞു പറഞ്ഞാൽ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ദക്ഷിണമാർഗവും മറ്റൊന്ന് ഉത്തരമാർഗം ദക്ഷിണായനവും ഉത്തരായണമെന്ന് പറയും അപ്പൊ സുപഥ വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുന്നതിന് വേണ്ടി ദക്ഷിണമാർഗ്ഗ നിവൃത്തി അർത്ഥം ദക്ഷിണ മാർഗത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഉത്തരായണ മാർഗത്തിലൂടെ എന്നെ നയിക്കൂ എന്ന അതാണ് സുപഥ നയ ഉത്തരായണ മാർഗത്തിലൂടെ നയിക്കൂ എന്ന ഉപാസകൻ പോകേണ്ട വഴിക്കാണ് നിർവിണ്ണോഹം ദക്ഷിണേന മാർഗേണ ഗതാഗത ലക്ഷണേന അധയാജ് ത്വാം പുനഃ പുനർ ഗമനാഗമന വർജിതേന ശോഭനേന പഥാനയ നിർവിണ്ണോഹം ഞാൻ നിർവിണ്ണനായിരിക്കുന്നു നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തി അതിൻ്റെ തന്നെ മറ്റൊരു നിർവിണ്ണ എന്നുവെച്ചാൽ വിരക്തനായവൻ അഹം നിർവിണ്ണ ഞാൻ വിരക്തനായിരിക്കുന്നു എന്തിൽ വിരക്തനായിരിക്കുന്നു ദക്ഷിണേന മാർഗേണ ഗതാഗത ലക്ഷണേന ഗതാഗതം പോക്ക് ആയിരിക്കുന്ന ദക്ഷിണമാർഗം ഗതാഗതം കാമ കാമാല ദേറ്റും പറയുന്നതാണ് ആ ദക്ഷിണ മാർഗം അതിവിടെ പോയി ഒന്നും ഞാൻ അതിൽ വിരയ്ക്കാനായിരിക്കുന്നു അത് അങ്ങനെ പോയി വരുന്നതിന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാമ്യകർമ്മങ്ങളെല്ലാം ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കാൻ സ്വർഗത്ത് പോയി ആ സ്വർഗ ഫലങ്ങൾ അനുഭവിച്ച് തിരിച്ചു വന്നു അങ്ങനെ പലതവണ ഈ യാത്ര നടത്തിയിട്ടുണ്ട് എന്നാണ് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അനേക കോടി ജന്മങ്ങൾ അല്ലെങ്കിൽ അനന്തമായ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ജന്മങ്ങളിൽ എത്രയോ ജന്മങ്ങളിൽ എത്രയോ യുഗങ്ങളിൽ എത്രയോ കൽപ്പങ്ങളിൽ അനേക കൽപ്പങ്ങളിൽ കൽപ്പങ്ങൾ തന്നെ അനന്തം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അനന്ത കൽപ്പങ്ങളിൽ ഈ ജീവൻ ജനിച്ചിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് എത്രയോ തവണ വൈദികധർമ്മം അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് എത്രയോ തവണ കാമ്യ കർമ്മങ്ങൾ അഗ്നി ഹോത്രം ജ്യോതിഷോമം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരിക്കുന്നു അതിന്റെ ഫലമായി പലതവണ സ്വർഗ്ഗത്തിൽ പോയിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും സാധാരണ ഒരാൾക്ക് പൂർവ ജന്മത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഇവിടെ ഈ ഉപാസകൻ അനേക ജന്മങ്ങളുടെ ഉപാസന കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് പരിപക്വമായ അന്ധകരണത്തോടുകൂടിയവനായതുകൊണ്ടും ഈ ജന്മത്തിലെ കർമ്മ ഉപാസന അനുഷ്ഠാനങ്ങൾ കൊണ്ടും അയാൾ ഈ അന്തിമ സമയത്ത് അത് സ്മരിക്കുകയാണ് ഞാൻ അനേക തവണ ഈ ദക്ഷിണായന മാർഗത്തിലൂടെ പോയി തിരിച്ചും മടങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി എനിക്കതിൽ താല്പര്യമുണ്ട് ഞാൻ അതിൽ വിദഗ്ധനായിരിക്കുന്നു അത യാചെത്വാണ് പുനഃ അതുകൊണ്ട് ഞാൻ നിന്നോട് വീണ്ടും യാദിക്കുകയാണ് അതഹ അതുകൊണ്ട് ത്വ നിന്നോട് ഞാൻ വീണ്ടും യാചിക്കുന്നു പുനഃ പുനർഗമനാഗമന വർജിത വീണ്ടും വീണ്ടും പോയും വന്നുകൊണ്ടിരിക്കുന്ന അതല്ലാത്ത ആ ഗമനാഗമന എന്നും പോയും വരികയും ആ മാർഗം വിട്ടിട്ട് ശോഭനീയന കഥ ഉത്തരായണ മാർഗത്തിലൂടെ നയ എന്നെ നയിക്കൂ യ സുപഥ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് രേ അടുത്ത് പറയുന്നു ധനായ എന്റെ അർത്ഥമാണ് ധനത്തിന് വേണ്ടി പ്രയത്നത്തിന്റെ ഫലം എന്ന് പറയുന്ന സമ്പത്ത് ധനമാണ് അപ്പൊ തന്റെ ഈ ജന്മത്തിലെ പ്രയത്നത്തിന്റെ ഫലം അല്ലെങ്കിൽ ഇതുവരെയുള്ള ജന്മങ്ങളിൽ താൻ അനുഷ്ഠിച്ച എല്ലാ പ്രവൃത്തിയുടെയും ഫലമാണത് കിട്ടാൻ പോകുന്നത് ആ സമ്പത്ത് ഫലം അതിനൂടെ രേ എന്ന് പറഞ്ഞു രെയ് എന്നു പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ധനം എന്നാണ് അതിന്റെ ചതുർത്ഥിയാണ് രായേ രയ് രൂ രായ ധനായ ആ സമ്പത്തിന് വേണ്ടി എന്താണ് ഇവിടുത്തെ സമ്പത്ത് കർമ്മഫലഭോഗ കർമ്മഫലഭോഗത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് കർമ്മ ഉപാസന ഉപാസനയെല്ലാം ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് കർമ്മ ഉപാസനകളുടെ ഫലം അതനുഭവിക്കാൻ വേണ്ടി എന്നർക്കും അതിനുവേണ്ടി എന്നർത്ഥം അതിനുവേണ്ടി എന്നെ ഉത്തരായണ മാർഗത്തിലൂടെ നയിക്കും അപ്പോൾ താൻ ചെയ്ത കർമ്മ ഉപാസനകളുടെ അനുഷ്ഠാനമായി ഇവിടെ ഹിരണ്യഗർഭലോക പ്രാപ്തിയാണ് അപ്പോൾ അത് സകാമമായി അനുഷ്ഠിച്ചാലും നിഷ്കാമമായി അനുഷ്ഠിച്ചാണ് നിഷ്കാമമായി അനുഷ്ഠിച്ചാലും അവിടെ പോയി കർമ്മഫലം അനുഭവിക്കേണ്ടി വരും ഹിരണ്യഗർഭലോകത്തിൽ എന്ന് പറയുന്നുണ്ട് കാരണം നിഷ്കാമമായി അനുഷ്ഠിച്ചാലും ബ്രഹ്മലോക പ്രാപ്തിക്കുള്ള കാമന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ അത്ര ഒരു ഉപാഹനം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ ഒരു കാമന ഉണ്ടെങ്കിൽ ആ ലോകത്തിൽ പോയിട്ട് അവശ്യഭോക്തവ്യമായിട്ടുള്ള ഫലങ്ങളെ അവിടെ അനുഭവിക്കേണ്ടിവരും പക്ഷെ അതൊന്നും ബന്ധനത്തിന് കാരണമായി തീരത്തില്ല അതിന്റെ ഫലമായി അവിടെ പോയി അനുഷ്ഠി അനുഭവിക്കുന്നതാണ് അണിമാതി ഐശ്വര്യങ്ങൾ വേദത്തിൽ പറയുന്നതാണ് ഈ ഫലങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ഹിരണ്യഗർഭ ഉപാസനയുടെ ഫലമായി ആ ഉപാസകന് അണിമാ ദേശ്വര്യപ്രാപ്തി ഉണ്ടാകുന്നു അത് ഹിരണ്യഗർഭലോകത്തിൽ പോയാലും അവിടെ അനുഭവിക്കേണ്ടി വരും അതാണ് കർമ്മഫലഭോഗമെന്ന് പറയുന്നത് പക്ഷെ അത് ബന്ധിക്കുന്നില്ല അതുകൊണ്ട് കൽപ്പാന്തത്തിൽ അയാൾ മുക്തനായിത്തീരുന്നു ക്രമമുക്തി സംഭവിക്കുന്നു അപ്പം പിന്നെ നിഷ്കാമ അനുഷ്ഠാന എങ്ങനെ വരുന്നു നിഷ്കാമ ഉപാസന എന്ന് പറയുമ്പോൾ ഇവിടെ വേദത്തിൽ അതിന് നിർദ്ദേശിച്ചിരിക്കുന്ന ഫലം ആ ഫലം അത് അവശ്യം അനുഭവിച്ചേ തീരൂ അതേസമയം ആ ഉപാസന കൊണ്ട് ഇഹലോകത്തിൽ അല്ലെങ്കിൽ ആ ഫല മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല അത് നിഷ്കാമം എന്ന് പറയുന്നേ ഇത്തരം ഉപാസനകൾ അനുഷ്ഠിക്കുന്നതിന് ഇഹലോകത്തിലും ഫലങ്ങൾ ആഗ്രഹിക്കാം ഏത് പ്രവർത്തിക്കുന്നതിനും നമ്മൾ ഇഹലോകത്ത് ഫലത്തെ ആഗ്രഹിക്കുന്നു സത്കീർത്തി അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ കീർത്തി പോലെയുള്ള ഫലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആ രാജ്യയിൽ അറിയപ്പെടണം ഫലങ്ങൾ ഉള്ള ആഗ്രഹങ്ങൾ വരാം ഉപാസകനായും ആവാസകളുടെ ഫലമായിട്ട് ഇവിടെ തന്നെ അണിമാതി ഐശ്വര്യങ്ങളുണ്ടാവണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്തരം യാതൊരുതരത്തിലുള്ള കാമനകളും ില്ലായാലും ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന ഫലം അതനുഭവിക്കേണ്ടി വരും പക്ഷെ ഇവിടെ നിഷ്കാമമായി അനുഷ്ഠിക്കുന്നോണ്ട് അതൊന്നും ബന്ധത്തിന് കാരണമാകുന്നില്ല അതുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന എന്താണ് അങ്ങനെയുള്ള ലോകത്ത് പോയി കഴിഞ്ഞാലും അവിടെ അവശ്യം ഭോക്തൃമായിട്ടുള്ള ഫലങ്ങൾ അവിടെ അനുഭവിക്കേണ്ടി വരും അതിന്റെ അവസാനം അയാൾക്ക് മോട്ട് ലഭിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ കർമ്മഫലഭോഗ ആ ഫലം അവിടെ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് അനുഭവിക്കേണ്ടി വരും അതോട് ദോഷമില്ല എന്നാണ് എന്നിട്ട് ആ കർമ്മഫലങ്ങളെ ഞാൻ ചെയ്ത ഉപാസന കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി എന്നെ ഉത്തരായണ മാർഗത്തിലൂടെ നയിക്കുക എന്നാണ് അതും പറയുന്നുണ്ട് ഇത്തരം ഉപാസനകൾക്കെല്ലാം ഫലം എന്ന് പറയുന്നത് അണിമാതി ഐശ്വര്യങ്ങളാണ് ആ ഐശ്വര്യങ്ങൾ ഈ ലോകത്ത് വച്ച് ലഭിച്ചു കഴിഞ്ഞാലാണത് ദോഷകരമായി തീരുന്നു അച്ഛൻ ബ്രഹ്മലോകം പോലെയുള്ള സ്ഥലത്ത് അത്തരം ഫലങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ദോഷം ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട് അസ്മാൻ യഥോക്തധർമ്മ വിശിഷ്ട ഈ പറഞ്ഞ ധർമ്മഫലങ്ങൾ ജ്ഞാനകർമ്മ സമുച്ചയ ഫലത്തോടു കൂടിയത് ആ ഫലത്തോടു കൂടിയവനാണ് ഞാൻ ശാസ്ത്രജ്ഞം നിർദ്ദേശിച്ചിരിക്കുന്നു ഇന്ന കർമ്മത്തിന് ഇന്ന ഉപാസനയ്ക്ക് ഇങ്ങനെ ഫലമാണ് ആ ഫലങ്ങളെല്ലാം ഇപ്പോൾ എന്നിൽ വന്നു ചേർന്നിരിക്കുകയാണ് ഇതുവരെ എൻ്റെ കർമ്മ ഉപാസനകളുടെ ഫലമായിട്ട് അങ്ങനെയുള്ള വിശ്വാനി സർവാണി അസ്മാൻ വിശ്വാനി വിശ്വം എന്ന് പറഞ്ഞാൽ സർവം എന്നുള്ള അർത്ഥമാണ് വിശ്വാനി സർവാണി സർവ വിശ്വാനി എന്ന് പറയുന്നത് വയുനാനി എന്ന് പറയുന്നതിന്റെ വിശേഷമായി പറഞ്ഞിരിക്കണം അപ്പൊ വിശ്വാനി വയുനാനിപ്പ വയുനാനി എന്ന് പറഞ്ഞ കർമ്മങ്ങൾ വയനശബ്ദത്തിന് കർമ്മം എന്നാണ് അർത്ഥം നിരുക്തത്തിൽ അങ്ങനെ അർത്ഥം പറഞ്ഞിരുന്നത് അർത്ഥത്തിൽ പരിഭാഷകാരനും പറഞ്ഞിരിക്കണം അപ്പൊ വയുനാനി കർമാണി പ്രജ്ഞാനി വ ഉപാസനകളൊന്നും എടുക്ക വിദ്വാൻ ധ്യാനൻ എന്റെ കർമ്മങ്ങളെയും ഉപാസനകളെയും അറിയുന്നവനാണ് അങ് വിദ്വാൻ അറിയുന്നവൻ അപ്പൊ എന്റെ കർമ്മങ്ങളെയും ഉപാസനകളെയും അറിയുന്നവനായ അങ് എന്നെ നയിക്കൂ എന്നാണ് ആ പ്രാർത്ഥനയിൽ തൽപ്പിക്കുന്നു യഥോക്തധർമ്മഫല വിശിഷ്ട ഈ പറഞ്ഞ കർമ്മഫലത്തോടു കൂടിയിരിക്കുന്ന എന്നെ വിശ്വാനി വയുനാന് വിദ്വാൻ എന്റെ കർമ്മങ്ങളെയും ഉപാസനകളെയും അറിയുന്നവനായ അങ് ഹേ ദേവ അങ് മാർഗത്തിലൂടെ നയിക്കൂരാജി ആ കർമ്മ ഫലങ്ങളെ അനുഭവിക്കുന്നതിനു വേണ്ടി എന്നാണ് അതിന്റെ താല്പര്യം മാത്രമല്ല യു യോജി യു യോധി അടുത്തു വരുന്നു യുധി ണം അതിനെ വ്യാഖ്യാനിക്കുകയാണ് യുധി അതിനർത്ഥം പറയുന്നത് അതിനെ ഒന്നുകൂടി വ്യാഖ്യാനിക്കണ് വിനാശയ നശിപ്പിക്കൂ എന്തിനാണ് നശിപ്പിക്കാൻ പറയുന്നത് യോധി എന്ന് വെച്ചാൽ നശിപ്പിക്കൂ എന്നാണ് അസ്മദ്ണം എന്നിലുള്ള എന്റെ ജുഹുരാണം അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് കുടിലം അതിൻ്റെ അർത്ഥം പറഞ്ഞു വഞ്ചനാമതം എന്നെ തന്നെ വഞ്ചിപ്പിക്കുന്നതായ പാപം എന്നെ തന്നെ വഞ്ചിപ്പിക്കുന്നതായ എന്നെ തന്നെ വഞ്ചിക്കുന്ന എന്നിരിക്കുന്ന പാപത്തെ വിനാശയെ നശിപ്പിക്കുന്നതാണ് അസ്മത് ജുഹുരാണം യോധി അസ്മത് എന്റെ ജുഹുരാണം വഞ്ചനാത്മകമായ നശിപ്പിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ആ ഉപാസകന് അവസാന സമയം പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് തന്നെ ഇനിയും നശിക്കാത്ത പാപങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഈ പാപങ്ങളിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സുപഥ മാർഗത്തിലൂടെ പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ അവസാന സമയം ഞാൻ ചെയ്ത കർമ്മങ്ങളുടെയും ഉപാസനകളുടെയും എല്ലാം ഫലമെന്നുള്ള നിലയ്ക്ക് എന്നെ അവശേഷിക്കുന്ന അയനഹ പാപത്തെ അതെങ്ങനെയുള്ള പാപം ജുഹുരാണം എന്നെ തന്നെ വഞ്ചിക്കുന്നതാണ് കുടലം വഞ്ചനാമകം അതിനെ മത്ത എന്റേതാണത് അതിനെ ഈ യോധി നശിപ്പിക്കൂ എന്നാണ് ഇത് വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് കാരണം എല്ലാ ഉപാസകന്മാരിലും സാധകന്മാരിലും സ്വയം നമ്മളത് അംഗീകരിച്ചില്ലെങ്കിലും ഈ പാവ ഇരുപ്പുണ്ട് തന്നെ തന്നെ വഞ്ചിക്കുന്ന ഒരു പാവം അതെല്ലാവരിലും ഉണ്ട് കാരണം അത് നിരന്തരം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആ എങ്ങനെയാണ് വഞ്ചിക്കുന്നത് അപ്പൊ ശരിയായ മാർഗത്തെ ശരിയായ ലക്ഷ്യത്തെക്കുറിച്ചും എല്ലാം ഒരുവനു ബോധമുണ്ടെങ്കിലും അവന്റെ ബോധത്തിന് വിപരീതമായി അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചിന്തിക്കുകയും പറയിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പാപം എന്ന് പറയുന്നത് ശരി എന്താണെന്ന് അറിഞ്ഞാലും തെറ്റ് പ്രവർത്തിക്കും അതിനെ പ്രേരിപ്പിക്കുന്നതാണ് പാപം പാപമെന്ന് പറയുന്നത് അതിനാണ് വഞ്ചിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുക എന്ന് പറയുന്നത് അതാണ് അതാണ് ആ പാപത്തിന്റെ പ്രത്യേകത സ്വയം വഞ്ചിക്കുന്ന സ്വഭാവത്തോടുകൂടി അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് ആ പാപമെന്ന് പറയുന്നത് നിരന്തരം ആത്മവഞ്ചനയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേ സാധാരണ പറഞ്ഞ ഇല്ലാത്തവന്ന് ഉണ്ടെന്ന് ഭാവിക്കുക അതൊരാത്മവഞ്ചനയാണ് അങ്ങനെ ഒരാൾക്ക് ഭാവിക്കണമെന്നു പൊതുവേ എന്താവർക്കും തോന്നുന്നു ഇതിനകത്ത് എന്തെങ്കിലും ആത്മീയ മഹത്വങ്ങൾ ഉണ്ടെന്ന് ഭാവിക്കുകയാണ് അറിയാതെ അങ്ങനെ ഭാവിച്ചു പോകും ഒറ്റയ്ക്കല്ല ഭക്തന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഇത് എന്താണ് ആത്മവഞ്ചനയാണ് ഒരു ജനഭാവം പ്രേരിപ്പിക്കുന്നതാണ് കാരണം അങ്ങനെ എന്തിനു അവസരിപ്പിക്കുന്നു കാരണം ലോകപൂജ ബഹുമാനം ലോക ആദരവ് കീർത്തി ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാത്തിനൊക്കെ ഉണ്ടെന്ന് ഭാവിക്കും ഇത് ആത്മവഞ്ചനയാണ് അങ്ങനെ ഭാവിക്കുന്നു സ്വയം അറിയാമൊന്നുമില്ല എന്നതങ്ങനെ ഭാവിക്കുന്നു അതീന്ദ്രിയ ജ്ഞാനം ഇല്ല എങ്കിലും ഉണ്ടെന്ന് ഭാവിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ സാധാരണ സാധകന്മാരെ അങ്ങനെ ഭാവിക്കും അതാണ് വഞ്ചനാത്മകമായ വേനൽ ഇല്ലാത്ത മഹത്വങ്ങൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കും സ്വയം അറിയാം അത്തരം മഹത്വമൊന്നും ഇല്ലാതെ പക്ഷെ എന്നാലും പ്രകടിപ്പിക്കാൻ ശ്രമിക്കും മറ്റുള്ളവരുടെ വേണ്ടി ഇത്തരത്തിൽ നിരന്തരം ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്നതെന്താണ് അല്ലെങ്കിൽ നടത്തിപ്പിക്കുന്നത് എന്താണ് ഉള്ളിലിരിക്കുന്ന പാപമാണ് അതിനെ ഇനി എങ്കിലും നശിപ്പിക്കുക എന്ന് തന്റെ ഉപാസി ദേവനോട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ടെന്ത് വരുന്നു തതോയ്യം വിശുദ്ധാഹസന്ത ഇഷ്ടം പ്രാപ്സ ഇത് തടസ്സമായി നിൽക്കുകയാണ് തഥ ആ പാപം കൂടി നശിച്ചു കഴിഞ്ഞാൽ തന്നെ തന്നെ വഞ്ചിപ്പിക്കുന്നതായ ആ പാപം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം എപ്പോഴും എല്ലാവർക്കും അവനവനത്തന്നെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ വാക്കുകളെയും പ്രവൃത്തിയും ചിന്തയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാണ് തന്നിലെന്തെങ്കിലും ഒരു മഹത്വത്തെ അന്യനിലേക്കൊന്നും പകരാനുള്ള ഒരു വ്യഗ്രത ഏത് സമയവും മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനു തരത്തിൽ അന്യനെ ഒന്ന് ബോധ്യപ്പെടുത്തുക വിശേഷതകളുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ സാധന അനുഷ്ഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്റെ ഗുരുവിന്റെ പ്രത്യേക അനുഗ്രഹം കിട്ടിയ ആളാണ് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു മഹത്വത്തെ മറ്റുള്ളവരിലേക്കൊന്ന് പ്രസരിപ്പിക്കാൻ മറ്റുള്ളവനൊന്ന് ബോധ്യപ്പെടുത്താൻ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു ശ്രമം നമ്മുടെ ഉള്ളിൽ നിന്ന് സദാസ്വായം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ആത്മമഹത്വത്തെ പ്രകടിപ്പിക്കുക പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആത്മവഞ്ചനയാണ് അപ്പോൾ അതുകൂടെ പോണം തഥ അതിന് പ്രേരിപ്പിക്കുന്ന എന്താണ് ഉള്ളിലിരിക്കുന്ന പാപമാണ് വയം വിശുദ്ധ സന്തഹ വിശുദ്ധന്മാരായി അതുകൂടെ നശിച്ചിട്ടാണ് വിശുദ്ധനാകുന്നത് വിശുദ്ധനാണെന്ന് നമ്മൾ ഭാവിച്ചുകൊണ്ട് വിശുദ്ധിയാവുന്നത് ഞാൻ വിശുദ്ധനാണ് പരമസാത്വികനാണ് സംഭാഷണം കൊണ്ടും പ്രവൃത്തിയും കൊണ്ടും നമ്മളതിനെ ശാസ്ത്രം ബോധിപ്പിക്കുന്ന എന്താണ് ഈ പരമസാത്വികനായിരിക്കണമെന്നാണ് നമ്മൾ ശ്രമിക്കുന്ന എന്താണ് നമ്മുടെ സാത്വികതയെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സദ്ഗുണങ്ങളെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും അത് ആത്മവഞ്ചനങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം നിർദ്ദേശിച്ചത് പക്ഷെ അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്തിനു ശ്രമിക്കുന്നുണ്ട് നമ്മുടെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളതിനു വേണ്ടി ശ്രമിക്കുന്നത് അതെന്ന് പറയുന്നത് എന്താണ് അതും ഒരു തടസ്സമാണ് ആധ്യാത്മിക പുരോഗതിക്ക് ഒരു തടസ്സമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉപാസകന്റെ ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനത്തിന് ആ പോക്കിന് തടസ്സങ്ങൾ അന്ന് പറയുന്നത് ഞങ്ങൾ വിശുദ്ധന്മാരായി ആ പാവങ്ങളുമെല്ലാം നശിച്ച് അതുകൊണ്ട് വളരെ അർത്ഥവത്തായിട്ടാണ് പറയുന്നത് തന്നെ തന്നെ വഞ്ചിക്കുന്ന പാവം എന്നർത്ഥം പലപ്പോഴും അറിയാതെയാണ് നമ്മളത് അനുഷ്ഠിക്കുന്നത് ഇത് തനിക്ക് നാശം ചെയ്യുന്നതാണ് സ്വയം മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം കാരണം എന്തെങ്കിലും ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഒന്നും വേണ്ട ഈശ്വരൻ നാമം ജവിച്ചാലും മതി അതിലൊരഭിമാനം വരും ഞാനിതൊക്കെ ചെയ്യുന്നവനാണ് ഇത്രയും കാലം ചെയ്യുന്നവനാണ് ചെയ്തവനാണ് എന്നുള്ളൊരു അഭിമാനം വരും അത് പ്രകടിപ്പിക്കാനുള്ള ആഗ്രഹം വരും ഇത്രയും കാലം ഞാൻ നാമം ജീവിച്ചിട്ടുണ്ട് ലക്ഷം അല്ലെങ്കിൽ കോടി ജവിച്ചിട്ടുണ്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള ആ പ്രകടന ഉത്സുകത അത് മനസ്സിൽ വരും അത് തന്നെ തന്നെ ഏറ്റവും വലിയ പാപമാണ് സാധുകളെ സംബന്ധിച്ച് വരുന്ന പാപം അല്ലാതെ അയാൾ വലിയ ആധർമ്മങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാൽ ഈ വരും ഇങ്ങനൊരു ഇത് വരും മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അഭിവാൻശ പറയുന്ന അതും പോകണം നിശുദ്ധാഹസന്ത ഇതൊരു തടസ്സമാണ് മുന്നോട്ട് പോകുന്നതിന് ഇഷ്ടം പ്രാപ്സ്യം ഇഷ്ടത്തെ പ്രാപിക്കട്ടെ എത്തിയ അഭിപ്രായ ഞാനെന്റെ ഇഷ്ടത്തെ തന്നെ പ്രാപിക്കട്ടെ എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് മറ്റുള്ളവരിലുണ്ടെന്നല്ല പറയുന്നത് നമ്മൾ സ്വയം നമ്മളെ നിരീക്ഷിച്ചു പോകുമ്പോൾ നമ്മളിതന്നെ കാണും ഇത്തരം പാവങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണും അപ്പോൾ എന്താണ് ഇതും നശിച്ചിട്ട് ഇതിനെ അങ്ങ് നശിപ്പിക്കണം എന്നാണ് കാരണം ഇത് സ്വയം നശിക്കാൻ സ്വയം നശിപ്പിക്കാൻ പ്രയാസമുള്ളത് സ്വയം നശിക്കാത്തതുമാണ് ഇത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടവസാന സമയം ഇതുവരെ ഞാൻ ചെയ്ത ഫലമായി അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇതിനെ വിയോജയ എന്നാണ് നശിപ്പിക്കുന്നതാണ് അങ്ങ് നശിപ്പിക്കണം എന്ന് പറയുകയാണ് <player image ethical environments> ും ശക്നുഹ പരിചര്യാ അതുകൊണ്ട് എന്ത് വരുന്നു ഇതാനിയും ഇപ്പോൾ തേ നിന്റെ പരിചര്യാങ്കടത്തും പരിചരിക്കുന്നതിന് നശക്നുമാഹ എനിക്ക് ശക്തിയില്ല എന്നെ പൂർണമായി പരിചരിക്കുന്നതിന് ശക്തി വേണമെങ്കിൽ എന്നിൽ ഇരിക്കുന്ന ഈ പാപങ്ങൾ കൂടി എന്നാണ് ഈ പാപങ്ങളിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തുവരുന്നു എനിക്ക് നിന്നെ പൂർണമായി നിന്റെ സേവയിൽ പരിചരിയയിൽ മുഴുകാൻ കഴിയുന്നില്ല എന്നർത്ഥം കാരണം ആ ഈശ്വരൻ ഹിരണിഗർഭൻ പരമപരിശുദ്ധനാണ് അപ്പം പരമപരിശുദ്ധമായൊരു ഭാവമില്ലാതെ ഈശ്വരനെ പൂർണ്ണമായി ആരാധിക്കാനോ പരിചരിക്കാനോ സാധ്യമല്ല എന്നാണ് അങ്ങനെ പരിചരിക്കുന്നു ആരാധിക്കുന്നു എന്ന് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ ഭാവിച്ചാലും നമ്മുടെ ഉള്ളിൽ ഇത്തരം പാപങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ യോഗ്യനല്ല അതുകൊണ്ട് തന്നെ അവന് അത് അസാധിക്കുമോ ഏതൊരു പ്രവർത്തി ചെയ്യുന്നതിനും അതിനൊരു യോഗ്യതയുണ്ടല്ലോ ആ യോഗ്യത പ്രാഥമിക യോഗ്യതയില്ലാത്തവർക്ക് ആ പ്രവർത്തിക്കാൻ കഴിയത്തില്ല അതിന്റെ പൂർണ്ണതയും ഇവിടെയും അങ്ങനെ തന്നെയാണ് അപ്പോൾ പരമവിശുദ്ധനായിരിക്കുന്ന ഈശ്വരനെ ഭജിക്കുന്നവൻ ആ വിശുദ്ധിയില്ലാത്തവനങ്ങനെ കഴിയും കഴിയത്തില്ല അതുകൊണ്ട് പറയുന്നു എന്നെ ഇത്തരം പാവങ്ങളുള്ളതുകൊണ്ട് എന്റെ അന്ധകരണം ശുദ്ധമാകാത്തത് കൊണ്ട് എനിക്ക് നിന്റെ സേവകൾ പരിചര്യകൾ പൂർണമായും ചെയ്യാൻ അവളുടെ ശക്തിയില്ല അതുകൊണ്ട് ഞാനത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഈ അവശേഷിക്കുന്ന പാപങ്ങള് നീ തന്നെ നശിപ്പിക്കണം എന്നാണ് നശിപ്പിച്ചു എനിക്ക് ശുദ്ധി വരുന്നു അപ്പം മാത്രമേ പൂർണ്ണമായ ആത്മസമർത്ഥനത്തോടു കൂടി ആത്മസമർപ്പണത്തോടുകൂടി അങ്ങേ സേവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം മനസ്സ് തുറന്നുള്ള ഉള്ളു തുറന്നുള്ള ഒരു പ്രാർത്ഥന അവസാനം നടത്തുന്നത് എന്നാൽ എന്തെങ്കിലും ദോഷങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും നശിക്കട്ടെ അത് നശിച്ചിട്ട് പൂർണമായും ആ സമർപ്പണം ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ് അവസാനം പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മൾ പൂർണമായും സമർപ്പിച്ച് ഈശ്വരന് അല്ലെങ്കിൽ ഗുരുവിനെല്ലാം പൂർണ്ണമായും സമർപ്പിച്ച് ജീവിക്കുന്നു എന്ന് ഒരാൾ കരുതി ജീവിച്ചാലും അയാളുടെ ഉള്ളിലിരിക്കുന്ന ഇത്തരം പാപങ്ങളെ അയാൾ തിരിച്ചറിയണമെന്നില്ല അപ്പോൾ അയാൾ തിരിച്ചറിയാത്ത പാപങ്ങൾ അയാളുടെ ഉള്ളിലിരിക്കുമ്പോൾ അയാളുടെ സമർപ്പണം പൂർത്തിയാകുന്നില്ല അപ്പോൾ അത്തരം പാപങ്ങൾ തനിക്ക് നശിപ്പിക്കാൻ കഴിയാത്തതാണ് അങ്ങനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നിരന്തരം അത്തരം വിഘ്നങ്ങൾ രൂപത്തിലുള്ള പാപങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നിരന്തരം ഉണ്ടാകണം ആ നിരന്തര പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇവിടെ സാധകന് അവസാനം ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് അവസാനം പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല നിരന്തരം ചെയ്യുന്നത് അവസാനം ചെയ്യാൻ പറ്റും അപ്പം നിരന്തരമായ പ്രാർത്ഥന കൊണ്ടും നശിക്കാതെ അവശേഷിക്കുന്നത് ഈ അവസാന പ്രാർത്ഥന കൊണ്ട് നശിക്കുന്നു അപ്പൊ അതുവരെ ഇവിടെ എല്ലാ പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ആ പരമാത്മാവ് അമ്മ ആ അവശേഷിക്കുന്ന പാവത്തെയും നശിപ്പിക്കുന്നു നമ്മളിവിടെ പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ ഉപാസകൻ നേരത്തെ പൂർണ്ണമായ ശ്രദ്ധ ആ പൂർണ്ണമായ ശ്രദ്ധയുള്ള ഒരാളെ അവസാനം ഇങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ കഴിയും അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്തെങ്കിലും അവശേഷിപ്പിക്കുന്നുള്ളത് അതും നശിക്കട്ടെ എന്നാണ് ഭൂയിഷ്ഠാം നമ ഉക്തി നമസ്കാരം വിധേയ നമസ്കാരേണ പരിചരേമൂയിം തേ നമ ഉം വിധ്യം അവസാനം ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇനി പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെടുന്നില്ല അവസാനം ഉപാസകൻ പ്രാർത്ഥിക്കുന്ന എന്താണ് ഭൂതരാം ഭൂയിഷ്ഠാം വളരെ വളരെ നമ്മൾ പറയാനുള്ള ആനന്ദകൂടി നമസ്കാരം അതെ തേ തുഭ്യം നിനക്ക് നമൌസ്ഖ്യം നമസ്കാരവചനം വിധേയ മറ്റൊന്നും ഇനി ചെയ്യാനില്ല നിനക്ക് അനന്ത നമസ്കാരങ്ങളിലൂടെ നമസ്കാരേണ് പരിചരേമാ ഞാൻ നിന്നെ പരിചരിക്കുന്നു ഇനി മറ്റു പരിചരണങ്ങളൊന്നും ചെയ്യാനില്ല അപ്പോൾ എന്താണ് അനന്തകോടി നമസ്കാരങ്ങളിലൂടെ നിന്നെ പരിചരിക്കുന്നാണ് വിധേയമ എന്ന് പറയുന്ന ശബ്ദത്തിനും നിരുത്തത്തിൽ പരിചരിക്കുക എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് അതേ അർത്ഥം ഭാഷകാരൻ പറഞ്ഞിരിക്കുകയാണ് അനന്തകോടി നമസ്കാരങ്ങളിലൂടെ നിന്നെ പരിചരിക്കുന്നു എന്നർത്ഥം അന്തിമമായ പ്രാർത്ഥന അതാണ് മറ്റൊന്നും എന്നിട്ട് അവകാശപ്പെടാനില്ല ആവശ്യപ്പെടുന്നില്ല അവസാനം നിന്നെ നമസ്കരിച്ചുകൊണ്ട് യാത്രയാകുന്നു എന്ന് പറയുകയാണ് അങ്ങനെ വളരെ അർത്ഥവത്വം വളരെ പരിപൂർണവുമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത് ഇത് മരണസമയത്ത് ചൊല്ലേണ്ടതാണ് പക്ഷെ മരണസമയം എപ്പോഴാണെന്ന് തിരിച്ചറിയാൻ വയ്യാതുകൊണ്ട് എപ്പോഴും ചൊല്ലുന്നത് എന്താണ് അപ്പം നിരന്തരം ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അതെപ്പോഴും സംഭവിക്കാനുള്ളതാണ് ഇത്രയും പൂർണമായ അർത്ഥവത്തായ അർത്ഥപുഷ്ടമായ ഒരു പ്രാർത്ഥന മറ്റു പ്രയാസമാണ് അഗ്നി എൻ്റെ അർത്ഥം പറയാം അലയോ ഒരായി ഞാൻ ചെയ്ത കർമ്മങ്ങളുടെയും ഉപാസനകളുടെയും അനുഭവിക്കുന്നതിന് വേണ്ടി സുപഥ ഭാഷഗാനം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഉത്തരായണ മാർഗത്തിലൂടെ നയ എന്നെ നയിക്കൂ ദേവ അതയോ ദേവൻ അനേക കർമ്മങ്ങളോടും ഉപാസനകളോടിയിരിക്കുന്നവനായ എന്റെ വിശ്വാനി വൈനാനി എല്ലാ കർമ്മങ്ങളെയും ഉപാസനകളെയും വിദ്വാൻ അറിയുന്നവനാണ് അങ്ങ് എന്റെ എല്ലാ കർമ്മങ്ങളും അങ്ങറിയുന്നവനാണ് അതുകൊണ്ട് അസ്മത് എന്റെ ജുഹുരാണം ഏനഹ ആത്മവഞ്ചന ചെയ്യിപ്പിക്കുന്നതായി പാപത്തെ യോധി നശിപ്പിക്കൂ തേ നിനക്ക് ഭൂയിഷ്ഠാം വളരെ വളരെ നമസ്കാരവുക്തികൾ കൊണ്ട് വിധേയമാണ് ഞാൻ ഇതിനെ പരിചരിക്കട്ടെ എന്നാണ് മന്ത്രത്തിൻ്റെ അർത്ഥം അങ്ങനെ ഈ പതിനെട്ട് മന്ത്രങ്ങളുടെയും വ്യാഖ്യാനം പൂർത്തിയാക്കിയിട്ട് അടുത്ത് അന്തിമമായി ഗ്രന്ഥത്തിൻ്റെ താൽപ്പര്യത്തെ ഒന്ന് പറയുകയാണ് താൻ ഇതുവരെ വ്യാഖ്യാനിച്ചതിൽ വന്ന ചില ഭാഗങ്ങളൊന്ന് സ്പഷ്ടമാക്കാണ് അടുത്തത് അടുത്ത ഭാഷ അവിദ്യയാ മൃത്യു തീർത്ഥ വിദ്യയാ അമൃതമെ വിനാശേന മൃത്യു തീർത്ഥ സംഭൂത്യ അമൃതമെ വിധിശ്രുത്വ കേജി സംശയം കുറവന്തി ഈ രണ്ട് ഭാഗങ്ങൾ ഇത് വിവാദമുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളെ കേട്ടിട്ട് ചിലർക്ക് ചിലർ സംശയിക്കും എന്നാണ് ഇത് കേട്ടത് സംശയിക്കുന്നെന്ന് പറഞ്ഞാൽ ഇനി സംശയിക്കും എൻ്റെ ഈ ഭാഷ ഇത് ശ്രുത്വന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ഭാഷ്യം കേട്ടിട്ട് ചിലർക്ക് സംശയം വരും അധ അതുകൊണ്ട് തൻ അങ്ങനെയുള്ള സംശയങ്ങളെ നിരാകരിക്കുന്നതിന് വേണ്ടി സംശയത ചുരുക്കമായി വിചാരണം കരുഷാണ വിചാരം ചെയ്യണം അത് ഇതുവരെ പറഞ്ഞ കാര്യത്തെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ പുതുതായൊരു കാര്യം പറയുന്നില്ല ഇനി ഭാഷ തത്രതാവ് കിന്നിമിത്ത സംശയിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് ഈ ഭാഗത്തിൽ തന്റെ ഭാഷത്തിൽ ഒരു സംശയം എന്തുകൊണ്ടുണ്ടാകുന്നു എന്താണ് സംശയം അതാണ് അടുത്ത് പറയുന്നത് വിദ്യാശബ്ദേന മുഖ്യ പരമാത്മവിദ്യ കസ്മനഗ്രഹിത അമൃതത്വം ഇവിടെ വിദ്യയാ അമൃതം വശംസ എന്ന് പറയുന്നിടത്ത് വിദ്യ എന്നുള്ളത് ആത്മവിദ്യ പരമാത്മജ്ഞാനം എന്നുള്ള അർത്ഥം അങ്ങ് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിടത്ത് മോക്ഷം എന്നുള്ള അർത്ഥം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നാണ് അപ്പോൾ ഭാഷകാലം പറഞ്ഞത് വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന അമൃതത്വം എന്ന് പറയുന്നത് ആപേക്ഷികമായ അമൃതത്വം ഉപാസനയുടെ ഫലമായി കിട്ടാവുന്ന ഫലം അത് ഹിരണ്യഗർഭലോകപ്രാപ്തി വരാം അങ്ങനെയുള്ള ഫലത്തെ പറഞ്ഞു മോക്ഷത്തെ അവിടെ പറഞ്ഞു എന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു എന്നാണ് വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മജ്ഞാനം ഒന്നും അമൃതത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം ഒന്നും വ്യാഖ്യാനിക്കാമായിരുന്നു വിദ്യാശബ്ദേന മുഖ്യ പരമാത്മവിദ്യൈവ മുഖ്യയായ പരമാത്മവിദ്യയെ തന്നെ കസ്മാനഗ്രഹിത എന്തുകൊണ്ട് ഗ്രഹിച്ചില്ല അമൃതത്വം മോക്ഷത്തെയും അതിന് സമാധാനം പറയുന്നു ഇതിന് സമാധാനം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഒന്നുകൂടെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് നനു മുക്തായ പരമാത്മവിദ്യായ കർമ്മ സമുച്ചയനു പറഞ്ഞു ഈ പറഞ്ഞ പരമാത്മവിദ്യയും കർമ്മവും തമ്മിൽ പരസ്പര വിരോധമുള്ളത് കൊണ്ട് സമുച്ചയം സാധ്യമല്ല അവിടെ സമുച്ചയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യസ്തദ്വേദ ഉഭയം സഭ എന്ന് പറയുന്നത് ആരാണോ കർമ്മവും വിദ്യയും ഒരുമിച്ചനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അവിടെ പരമാത്മവിദ്യയെന്നും കർമ്മവും എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ഒരുമിച്ചനുഷ്ഠിക്കാൻ സാധ്യമല്ല പരസ്പര വിരോധമുള്ളതാണ് അതുകൊണ്ടാണ് താനിങ്ങനെ വ്യാഖ്യാനിച്ചതെന്നാണ് ഇത് മുമ്പ് ചർച്ച ചെയ്തതാണ് എന്ന് സമാനം പറയാണ് പറയുന്നത് സത്യം വീണ്ടും പുറകുക്ഷം പറയുകയാണ് ചോദ്യം ചോദിക്കുന്നയാൾ പറയുന്നത് എന്നു വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് കുറെ സത്യം ഉണ്ടെന്നാണ് അർത്ഥ സത്യം നിങ്ങൾ പറഞ്ഞതിൽ കുറെ സത്യം ഉണ്ടെന്നാണ് നിങ്ങൾ ഇക്കാര്യം പറഞ്ഞു പക്ഷെ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല നിങ്ങൾ പറയുന്ന തരത്തിൽ ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമൊന്നുമില്ല എന്നാണ് ചോദ്യം ചോദിക്കുന്ന ആള് പറയുന്നത് അതാണ് അടുത്ത് പറയുന്നത് വിരോധസ്തുനാവമ്യതേ വിരോധം മനസ്സിലാകുന്നില്ല ഞാനും കർമ്മവും തമ്മിൽ എന്താ വിരോധം ആണെന്ന് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ട് വിരോധ അവിരോധിയു ശാസ്ത്ര പ്രമാണതത്വത്ത് വിരോധമുണ്ടോ വിരോധമില്ലേ എന്നുള്ളതിന് ശാസ്ത്രമാണ് പ്രമാണം ഞാനും കർമ്മവും തമ്മിൽ വിരോധമുണ്ടെന്നുള്ളതിന് ശാസ്ത്രം പ്രമാണമല്ല എന്നാണ് എന്ന് വെച്ചാൽ ഞാനും കർമ്മവും ഒരേ സമയം ഒരാൾക്കാകാം ശാസ്ത്രവും സന്യാസവും ഒരുമിപ്പിക്കാം ഒരുമിച്ചാകാം എന്നാണ് അതിനെ നിഷേധിക്കുന്നു ഇവിടെ ഇപ്പോൾ അതിനെ തന്നെ പൂർവക്ഷി വിശദീകരിക്കുകയാണ് യഥാ വിദ്യുഷ്ഠാന അവിദ്യാനുഷ്ഠാനം വിദ്യ ഉപാസന ശാസ്ത്രപ്രമാണകം തഥാ തദ്വിരോധ അവിരോധവും അവി പറയുന്നു അവിദ്യാനുഷ്ഠാനം കർമാനുഷ്ഠാനവും വിദ്യ ഉപാസനയും ഉപാസനയും അതുകൊണ്ട് അതിന്റെ വിരോധാവിരോധങ്ങൾക്കും ശാസ്ത്രം പ്രമാണമാണെന്ന് വെച്ചാൽ അതിലിരോധമുണ്ടെന്ന് അർത്ഥം എന്നിട്ട് ഒരുമിച്ചാകാമെന്നർത്ഥം വിരോധത്തിനും അവിരോധത്തിനും ശാസ്ത്രം പ്രമാണമാണെന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഉദാഹരണത്തിലൂടെ പറയുന്നു അടുത്ത് സർവഭൂതീതി ശാസ്ത്രാത് അതം പുനഃ ശാസ്ത്ര ബാധ്യത ഇവിടെ വിരോധാവിരോധം രണ്ടും വരാ അതായത് വിരോധം വരുന്ന സ്ഥലമുണ്ട് അവരോധം വരുന്ന സ്ഥലമുണ്ട് വിരോധ അവിരോധം വരുന്ന സ്ഥലങ്ങളുമുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിരോധ അവരോധം വരുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു മാഹിംസ്യാദ് സർവാഭൂതാന് ഒരു പ്രാണിയുടെയും കൊല്ലരുന്ന് പറഞ്ഞു അപ്പോൾ ഹിംസ എന്ന് പറഞ്ഞത് വേദത്തിന് നിഷേധിച്ചിരിക്കുകയാണ് അപ്പോൾ ഹിംസിച്ചു കഴിഞ്ഞാൽ അവിടെ വിരോധം വരും വേദവിധിയുമായിട്ട് വിരോധം വരും ഹിംസ എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ പക്ഷെ വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്താണ് അധ്വരെ പശും ഹിംസ്യാദ് വേദത്തിൽ പറയുന്നതിന്റെ താല്പര്യമാണ് അധ്വരത്തിൽ യാഗത്തിൽ പശു മൃഗത്തെ ഹിംസിയാധിംസിക്കാം അത് വേദത്തിൽ വിധിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതിന് വിരോധം വരുമോ അതിനെ കുറിച്ച് പൂർവമീമാംസരനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്ന എന്താണ് യാഗത്തിൽ പശുവിനെ കൊല്ലുക എന്ന് പറയുന്നത് കൊല്ലൽ എന്ന് പറയുന്ന അഭാഗത്തിൽ ഹിംസയുണ്ട് കാരണം കൊല്ലുന്ന എവിടെയാണ് ഹിംസ തന്നെയാണ് കൊല്ലുക എന്ന് പറയുന്നത് ഒരു പ്രാണി ഹിംസിക്കുകയാണ് അപ്പം അതിൽ അവിടെ ഹിംസ എന്ന് പറയുന്ന ഒരു അംശമുണ്ട് എങ്കിലും അവിടെ അഹിംസയുണ്ട് എന്തുകൊണ്ട് അവർ പറയുന്നത് ഹിംസ എന്ന് പറയുന്നത് പാപ ജനകം ആയിരിക്കണം പാപത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം അപ്പൊ ഒരു പ്രാണിയെ എവിടെയെങ്കിലും വെച്ച് കൊന്നുകഴിഞ്ഞാൽ അത് പാപത്തെ ഉണ്ടാക്കും പാപജനകമാണ് അതുകൊണ്ട് അത് ഹിംസയാണ് ആ ഹിംസ പാപജനകമാണ് പക്ഷേ യാഗത്തിൽ പ്രാണിയെ കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് വിധിച്ച ഒരു കർമ്മത്തിൽ നിന്നും പാപം ഉണ്ടാകത്തില്ല നിഷിദ്ധമായ കർമ്മത്തിൽ നിന്നേ പാപം ഉണ്ടാകത്തു സുരാമെന്ന പിബേതെന്ന് മദ്യം കുടിക്കരുത് കുടിച്ചാൽ പാപം ഉണ്ടാകും അത് പാപജനകമാണ് നിഷേധം വിധി പാപജനകമല്ല നിഷേധം പാപജനകമാണ് ഇതും മീമാംസകരുടെ സിദ്ധാന്തമാണ് പൂർവ മീമാംസകരുടെ അപ്പോൾ യാഗത്തിൽ പശുവിനെ കൊന്നുകഴിഞ്ഞാൽ അത് പാപ പശു എന്നുവെച്ചാൽ മൃഗമാണ് പശു എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പശു ആടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആട് അല്ലെങ്കിൽ കുതിരാ അതിനൊക്കെയാണ് യാഗത്തിൽ കൊന്നു അപ്പോൾ ഇവിടെ യാഗത്തിൽ മൃഗത്തെ കൊന്നുകഴിഞ്ഞാൽ അത് വിധിച്ചതായത് കൊണ്ട് പാപ അജനകമാണ് അതുകൊണ്ട് അത് അഹിംസയാണെന്നാണ് അപ്പം മാഹിംസ്യ സർവാഭൂതാനി പ്രാണികളെയൊന്നും കൊല്ലരുതെന്ന് പറഞ്ഞതിനുമായിട്ട് ഇതിന് വിരോധം വരുന്നു അവിരോധം വരുന്നു എന്നാണ് അടുത്ത് ചിന്തിക്കുന്നത് യാഗത്തിൽ പശുവിനെ കൊല്ലാൻ പറഞ്ഞു വേദത്തിൽ തന്നെ വേദത്തിൽ തന്നെ പറഞ്ഞു ഒരു പ്രാണീനെയും കൊല്ലരുതെന്ന് അപ്പം യാഗത്തിൽ നടക്കുന്ന ഈ കൊല്ലൽ ഇതുമായിട്ട് കൊല്ലരുതെന്ന് പറയുന്ന വിധിക്ക് വിരോധം വരുന്നു അവരോധം വരുന്നു അങ്ങനെ മീമാംസകർ പറയുന്നത് വിരോധ അവിരോധം വരുന്നു എന്നാണ് രണ്ടും വരുന്നു അവരോധം വരുന്ന വിരോധം വരുന്നതെങ്ങനെ കൊല്ലുന്നു കൊല്ലുക എന്ന് പറയുന്ന ഹിംസയാണല്ലോ അപ്പോ മാ ഹിംസ്യാതെന്ന് പറഞ്ഞാൽ കൊല്ലരുതെന്ന് പറഞ്ഞതിന് വിരോധം വരുന്നു കൊല്ലുമ്പോൾ അഹിംസ അവിരോധം അങ്ങനെ വരുന്നു കാരണം ഇത് പാപജനകമണ്ട അതുകൊണ്ട് ഇത് സാധാരണ ഹിംസയല്ലേ അതുകൊണ്ട് മാ ഹിംസ്യെന്ന് പറഞ്ഞതുമായിട്ട് അവിടെ നിഷേധിച്ചതിനെ പാപത്തെ ഉണ്ടാക്കുന്ന ഹിംസകളെയാണ് നിഷേധിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഹിംസ പാപത്തെ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ അവരോധം വരുന്നു അപ്പം വിരോധ അവരോധമാണ് വരുന്നതെന്നാണ് അവർ പറയുന്നത് ഒരുപാട് തല പോവച്ച് കണ്ടുപിടിച്ചാണ് വിരോധ അവിരോധം അത് തന്നെ ഇവിടെയും പറയുന്നു അതുപോലെ എന്താണ് വിരോധമാണോ അവരോധമാണോ വിരോധവിരോധമാണോ എന്ന് ശാസ്ത്ര പ്രമാണത്തിലൂടെ വേണം പരിശോധിക്കാൻ അതെങ്ങനെ പരിശോധിച്ചിരിക്കുന്നു മാ ഹിംസ്യാദ് സർവഭൂതും എന്നുള്ളതും തമ്മിൽ രണ്ടും കൂടി കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പം മനസ്സിനായി വിരോധ വിരോധമാണ് അതുപോലെ ഇവിടെയും വരാം ഏവം വിദ്യാവിദ്യോരപിശ്യാദ് അടുത്തു പറയുന്നു ഇതുപോലെ വിദ്യാവിദ്യകൾക്കും വരാം വിരോധ വരാം അപ്പൊ ഇത് പരസ്പര വിരുദ്ധമാണെന്ന് പറഞ്ഞു സമുച്ചയിച്ചനുഷ്ഠിക്കാൻ പറ്റൂല അത് വിരോധം പരസ്പര വിരുദ്ധമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഇവിടെയും വിരോധാവിരോധം എന്തുകൊണ്ടു ഇവിടെ എന്ന് അനുഷ്ഠിക്കാം അതായത് മാഹിംസ്യ സർവഭൂതാനി അതും പ്രമാണമാണ് യാഗത്തിൽ മൃഗത്തെ കൊല്ലാൻ പറഞ്ഞും പ്രമാണമാണ് എന്തുകൊണ്ടാണ് അവിടെ വിരോധാവിരോധം വരുന്നതുകൊണ്ട് ഇതാണ് പൂർവക്ഷി യോജിക്കുന്ന ഒരു താല്പര്യം വിദ്യാവിദ്യോരഭി വിദ്യാ കർമ്മോ സമുച്ചയം വിദ്യയും കർമ്മത്തെ സമുച്ചയിപ്പിക്കുക എന്തുകൊണ്ട് സംക്ഷേപിപ്പിച്ചുകൂടാ അതായത് രണ്ടും ഒരാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റത്തില്ല രണ്ടിൻ്റെ സ്വഭാവം വേറെ വേറെയാണ് അതുകൊണ്ട് നമ്മൾ വിരോധമുണ്ട് പക്ഷേ സമുച്ചയിച്ചനുഷ്ഠിക്കാൻ യസ്തദ്വേദ ഉഭയം സഹ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് ഒരുമിച്ച് അനുഷ്ഠിക്കുകയും ചെയ്യാം അപ്പോൾ വിരോധവിരോധം വന്നു എന്നാണ് പൂർവക്ഷ പറയുന്നത് അതിനെ നിഷേധിക്കുന്നത് ശരിയല്ല എന്നാ അത് ശരിയല്ല ൂരമേതേ വിപരീതേ വിഷൂജി അവിദ്യാചൃതേ കണ്ട് കർമ്മവും ദൂരം അത്യന്തങ്ങളാണ് വിപരീതേ വിപരീത സ്വഭാവമുള്ളതാണ് വിഷൂചി ഭിന്ന ഫലങ്ങളെ കൊടുക്കുന്നവയാണ് അവിദ്യാചാച വിദ്യാവിജയും വിജയം ഇത് അത്യന്ത ഭിന്നമാണ് ഭിന്നലങ്ങളെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഒരു തരത്തിലും ചേർക്കാൻ കഴിയത്തില്ല ജ്ഞാനവും കർമ്മത്തെ സംശയിക്കാൻ സാധ്യമല്ല എന്ന് ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് സിദ്ധാന്തി പറയുകയാണ് ഇവിടെ വീണ്ടും പൂർവക്ഷി ചോദിക്കുന്നു വിദ്യാംശ അവിദ്യാംശേരി ഭജനാൽ അവരോധയി പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് വിദ്യാംശ അവിദ്യാംശ എന്നാണ് ചാ ചാന്ന് ചേർത്ത് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ രണ്ടും ഒരുമിച്ചാകാമെന്നാണ് ജ്ഞാനവും കർമ്മവും ഒരുമിച്ചാകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വിരോധം അവിരോധമാണ് ഏതുപോലെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് യാഗത്തിൽ കൊല്ലാൻ പറഞ്ഞു അപ്പോൾ കൊല്ലരുത് എന്ന് പറഞ്ഞതും കൊല്ലാൻ പറഞ്ഞതും തമ്മിൽ വിരോധമില്ല എന്ന് പറഞ്ഞു അവിരോധമാണ് അതുപോലെ ഇവിടെയും വരാം ഒരിടത്ത് അങ്ങനെ പറഞ്ഞു ശരി രണ്ടും ഒരുമിച്ച് പറ്റത്തില്ലെന്ന് പറഞ്ഞു വേറിടത്ത് പറ്റാമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് രണ്ടും ഒരുമിച്ചാകാം എന്നാണ് അതിനെ നിഷേധിക്കുന്ന സിദ്ധാന്തം ഇല്ല അത് സാധ്യമേ എന്തുകൊണ്ട് ഹേതു സ്വരൂപ ഫല വിരോധ ഈ രണ്ടെണ്ണത്തിന്റെയും ഹേതു സ്വരൂപം ഈ മൂന്ന് കാര്യത്തിലും വിരോധമുണ്ട് അതുകൊണ്ട് സാധ്യമല്ല അവിദ്യ അല്ലെങ്കിൽ കർമ്മം അതിന് ഹേതു എന്താണ് കർത്തൃത്വം തുടങ്ങിയ ബോധം അത് ഹേതുവാണ് അതിന്റെ സ്വരൂപം എന്താണ് കർതൃത്വ ബോധത്തോടു കൂടിയുള്ള കർമാനുഷ്ഠാനങ്ങളാണ് അഗ്നിഹോത്രാദി കർമാനുഷ്ഠാനങ്ങളാണ് അതിൻ്റെ സ്വരൂപം അതിന്റെ ഫലം എന്താണ് സ്വർഗാദിഫലം അതാണ് കർമ്മത്തെ സംബന്ധിച്ച് ജ്ഞാനത്തെ സംബന്ധിച്ചാണെങ്കിലോ ജ്ഞാനത്തിന് ഹേതു എന്താണ് മുമുക്ഷത്വം സാധന ചതുഷ്ട സമ്പത്തി ഇതൊക്കെയാണ് അതിൻ്റെ ഹേതു അതിന്റെ സ്വരൂപം എന്താണ് ജീവാത്മ പരമാത്മ ഏകത്വബോധം അതാണ് എന്റെ സ്വരൂപം താൻ അകർത്താവാണ് അഭോക്താവാണ് എന്നും മറ്റുള്ള ജ്ഞാനമാണ് അതിന്റെ സ്വരൂപം അതിന്റെ ഫലം എന്താണ് മോക്ഷം അപ്പം സ്വരൂപം ഫലം ഈ മൂന്ന് കാര്യങ്ങളിലും കർമ്മവും ജ്ഞാനവും തമ്മിൽ വിരോധമുണ്ട് രണ്ടും വേറെ വേറെയാണ് അതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പറ്റത്തില്ല ഒരാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് കർമ്മത്തിന് ഹേതു കർത്തൃത്വം ജ്ഞാനത്തിന് ഹേതു മുമുക്ഷത്വം രണ്ടിന്റെയും ഹേതുക്കൾ ഏറെയാണ് കർമ്മത്തിന്റെ സ്വരൂപമെന്ന് പറയുന്ന അഗ്നിഹോത്രാദികളാണ് ജ്ഞാനത്തിന്റെ സ്വരൂപമാണെങ്കിലോ ജീവാത്മപരമാത്മ ഏകത്വവും താൻ അകർത്താവാണെന്നുള്ള ബോധം ഇതെങ്ങനെ യോജിപ്പിക്കാൻ പറ്റും കർമ്മത്തിന്റെ ഫലം സ്വർഗവും മറ്റുമാണ് ജ്ഞാനത്തിന്റെ ഫലം മോക്ഷമാണ് അതാണ് വിശദീകരിക്കുന്നിടത്ത് വിദ്യ അവിദ്യ വിരോധ അവിരോധയോർ നികൽപ്പ അസംഭവ സമുച്ചയവിധാന അവിരോധ ഏവേദിച്ച് പറയുന്നു വിദ്യ വിരോധാവിരോധയോ വികൽപ്പ സംഭവമാണ് വിദ്യ ഇതിൽ വിദ്യ വേണോ അവിദ്യ വേണോ ഇത് തമ്മിൽ വിരോധമാണോ അവിരോധമാണോ ഇതിലൊന്നും വികല്പങ്ങളെ ഇല്ല മറിച്ച് സമുച്ചയവിധാൻ സമുച്ചയിച്ചാണ് വിധിച്ചിരിക്കുന്നത് അതായത് ഒരാൾക്ക് വിദ്യ ഒരാൾക്ക് അവിദ്യ ഇനി ഇങ്ങനെ വേർതിരിച്ച് വിധിച്ചിട്ടില്ല മറിച്ച് സമുച്ഛയിച്ചാണ് രണ്ട് അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു വികല്പമേ വരുന്നില്ല അതുകൊണ്ട് അവരോധ രണ്ടും തമ്മിൽ വിരോധമില്ല ഇത് ഒരുമിച്ച് അനുഷ്ഠിക്കാമെന്നാണെങ്കിലോ പറയുന്നു വീണ്ടും നിഷേധിക്കുന്നു സഹസംഭവ ഇത് ഒരു കാരണവശാലും ഒരു വ്യക്തിയിൽ ഒരേ കാലത്ത് സംഭവിക്കത്തില്ല എന്നാണ് അതുകൊണ്ട് ഒരുമിച്ച് അനുഷ്ഠിക്കുന്ന പ്രശ്നമേ കഴിക്കുന്നില്ല ഒരു സമയം ഒരാൾക്കിതൊരിക്കലും ഒരുമിച്ചനുഷ്ഠിക്കാൻ സാധ്യമല്ല എന്നാണ് അതുകൊണ്ട് സമുച്ചയത്തെ നിഷേധിക്കുകയാണ് ഇത് സമുച്ചയച്ചനുഷ്ഠിക്കാൻ സാധ്യമേ അല്ല ആ ഭാഗം കുറച്ചുകൂടി വിശദീകരണം ആവശ്യമുള്ളതാണ് അത് നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യും